അനുഭവസിദ്ധഭേദാഹ അനുഭവസിംഹാദു അനുഭവസിദ്ധഭേദ മാണവകേ സിംഹ ശബ്ദ്ധ ഗൗണേർക്കു സിംഹവും മാണവക ഈ മനുഷ്യൻ സിംഹമാണ് എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സിംഹശബ്ദത്തിന്റെ മുഖ്യാർഥം അഹിംസജീവിയാണ് മാണവകൻ സിംഹമാണ് മനുഷ്യൻ സിംഹമാണെന്ന് പറയുമ്പോൾ അവിടെ സിംഹശബ്ദം ഗുണമാണ് മുഖ്യാർത്ഥത്തല്ല പ്രയോഗിക്കുന്നത് കാരണം എന്തുകൊണ്ട് മനുഷ്യൻ അതുകൊണ്ട് അതുപോലെ ഓർവപക്ഷി പറയുന്നത് ഈ അഹം എന്ന് പറയുന്ന അനുഭവം ഈ അനുഭവത്തിന് വേണ്ടി നമ്മൾ അഹം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കാറുണ്ട് അഹം ഞാൻ ഇത് എന്താണ് ഈ അനുഭവം എവിടെയാണ് ഈ ശബ്ദം ഞാൻ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് ശബ്ദാന്തി പറയുന്നത് എന്താണ് ഇവിടെ ആത്മാവ് അനാത്മാവായ ശരീരവും തമ്മില് താതാത്മ്യം സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ഭ്രാന്തിയാണ് അധ്യാസ് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അഹോ എന്ന് പറയുന്ന അനുഭവവും അഹോ എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കുകയും ചെയ്യും പൂർവക്ഷ പറയുന്നത് അങ്ങനെയല്ല അഹം എന്ന് പറയുന്ന ഈ ശബ്ദം ശരിക്കും ഇതിന്റെ മുഖ്യമായ അർത്ഥം ആത്മാവാണ് അത് ശരീരത്തിൽ പ്രയോഗിച്ചാണ് അഹമെന്ന് പറയുന്നത് അപ്രധാനമായി പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടിവിടെ ഭ്രാന്തിയിൽ കൊണ്ടല്ല അഹം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കുന്നു മറിച്ച് ഇതൊരു ധൂണപ്രയോഗമാണ് ഇവിടെ ഭ്രാന്തിയില്ല എന്താണ് ക്ഷോണ്ട് ഭ്രാന്തില്ല അഹം എന്ന് പറയുന്നത് കൊണ്ട് ഗുണമായി ശരീരത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു അഹത്തിന്റെ മുഖ്യാർത്ഥം ആത്മാവാണോ ലിഘുവായ ആത്മാവാണോ ഇത് രണ്ടു നേരത്തെ തിരിച്ചറിയാമെന്നുള്ളതാണ് പൂർവക്ഷയുടെ അഭിപ്രായം നേരെ വരെ അതുകൊണ്ട് അഹം എന്ന് പറയുന്ന ആത്മാവാണ് അതിന്റെ മുഖ്യർത്ഥം ആ ശബ്ദത്തെ ശരീരത്തിൽ ഉപയോഗിച്ച് അതുകൊണ്ടുള്ളത് ഗോണമാണ് സിദ്ധാന്തി പറയുന്നത് അനാത്മാവായ ശരീരവും ആത്മാവ് വിഭവമായ ആത്മാവിനെയും വേർതിരിച്ചറിയാൻ കഴിയത്തില്ല മനുഷ്യൻ രണ്ടും തമ്മിൽ താതാത്മ്യ അനുഭവം ഉണ്ടാവു അഹോ എന്ന് പറയുമ്പോൾ അല്ല ഒരു മനുഷ്യനാണ് ആത്മാവിനെ വേർതിരിച്ചറിഞ്ഞ് ശരീരത്തെ അതിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞിട്ട് ശരീരത്തിൽ അഹ് പ്രയോഗിക്കാൻ പറ്റില്ല അങ്ങനെ വേർതിരിക്കുന്നിടത്ത് മാത്രമേ വേർതിരിച്ചുള്ള വിവേകം അറിവുള്ളിടത്ത് മാത്രമേ ഗൗണപ്രയോഗം എന്ന് അംഗീകരിക്കാൻ പറ്റൂ ശരീരത്തിൽ ഗൗണമായി പ്രയോഗിക്കുകയെന്ന് പറയാനുള്ളൂ അങ്ങനെ സുഖംഭവ മാണവത എന്ന് പറയുന്നത് പിന്നെ ഗോണപ്രയോഗത്തിന് രണ്ട് കാര്യങ്ങൾ വേണം ഒന്നെന്താണ് സാദൃശ്യം മറ്റൊന്ന് ും ഭേദജ്ഞാനവും വേണം അവിടെ അടുത്ത ഗുണപ്രയോഗ്യമാവും സിംഹവും മാണവക അഗ്നിർമാണവക എന്നൊക്കെ പ്രയോഗിക്കും മാണവൻ അഗ്നിയാണ് നല്ല അർത്ഥത്തിൽ പറയുന്നതാണ് അവിടെ മാണവൻ വെച്ചാൽ ബ്രഹ്മചാരി അഗ്നിയാണെന്ന് വെച്ചാൽ അഗ്നിയെ പോലെ തേജസ് ഉള്ളവനാണെന്നാണ് എന്ന് പറയുമ്പം അവിടെ മോശവർഷത്തിലാ സിംഹത്തെ പോലെ ക്രൂരനാണെന്നാണ് ഇവിടെ എന്താണ് രണ്ടും തമ്മിലുള്ള പറയുന്ന ശബ്ദം പ്രയോഗിക്കുന്ന ആളും കേൾക്കുന്നതാണ്ടും രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനമുണ്ട് സിംഹം വേറെയാണ് മാണവൻ വേറെയാണ് അഗ്നി വേറെയാണ് അല്ലെങ്കിൽ മാണവൻ വേറെയാണ് സാദൃശ്യമുണ്ട് ക്രൂരത രണ്ടടുത്തുമുണ്ട് അതാണ് രണ്ടിന്റെ സാദൃശ്യം സിംഹത്തിനുമുണ്ട് മാണവനുമുണ്ട് പിന്നെ തേജസ് രണ്ടടുത്തുകൊണ്ട് അഗ്നി കൊണ്ടും തേജസ്വം അഗ്നിയെ കൊണ്ടും ആണവല്ലോ അങ്ങനെ ഭേദജ്ഞാനവും സാദശോളത്ത് മാത്രമേ ഗോണപ്രയോഗം നടക്കൂ അതുകൊണ്ട് സമൂഹമാണവെന്ന് പറയുന്നിടത്ത് ഗോണമാണ് ഇവിടെ ഭേദം ജ്ഞാനങ്ങളാണ് ഇവിടെ ആത്മാവിന്റെയും അനാത്മാവിന്റെയും വിഷയത്തിൽ അഹം എന്നൊരാൾ ഒരാൾ പ്രയോഗിക്കുന്നത് ആത്മാവിൽ പ്രയോഗിക്കുന്ന മുഖ്യ അർത്ഥത്തിൽ ആത്മാവിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തെ ഗുണമായ ദേഹത്തിൽ പ്രയോഗിക്കുന്ന ഗൗണമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിഷേധിക്കാനാണ് ഗൗണമെന്ന് പറയുന്നത് ഗൗണമെന്തുകൊണ്ടല്ല സാദൃശ്യജ്ഞാനവും ഭേദജ്ഞാനവും ഇല്ല ഒരാളിന് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനമില്ല രണ്ടും തമ്മിൽ സാദൃശ്യമില്ല അതുകൊണ്ട് കൂടെ അങ്ങനെ പ്രയോഗം സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആത്മാവും അനാത്മാവും വേർതിരിച്ച് വിഭുവായ ആത്മാവിനെയും ഈ ശരീരത്തെയും വേർതിരിച്ച് ആരും അറിയുന്നില്ല അതുകൊണ്ട് അഹോ എന്ന് പറയുന്നത് എന്താണ് വേർതിരിച്ചറിയാത്തോണ്ട് കൂടെ താതാത്മീയ അനുഭവമാണ് പ്രതീതിയാണ് അഹോ എന്ന് പറയുന്ന അനുഭവം അതുകൊണ്ട് അതിനനുസരിച്ച് അഹോ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് ഭ്രാന്തിയാണ് അധ്യാസമാണ് തനസത്താണ് അതിനുവേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷത്തെ സിംഹത്തിൽ നിന്നും അനുഭവസിദ്ധ ഭേദം മാണവകേ അനുഭവത്തിലൂടെ സിദ്ധമാകുന്ന ഭേദം എവിടെയുണ്ട് മാണവികളുണ്ട് അതുകൊണ്ട് മാണവകേ സിംഹശബ്ദ ആ മാണവനുള്ള സിംഹശബ്ദം പൂർവ്വത്തോട് അന്വയിക്കുന്ന ഗുണഹ അവിടെ ഗുണമാണ് വിടെ ദേഹത്തിൽ അഹംശബ്ദം ഗൂണമല്ല എന്നാണ് ഇത് ധോണീവൃത്തി അല്ലെങ്കിൽ നൂണത്വം രണ്ടു തരത്തിലുണ്ട് ഒന്ന് സാമ്പ്രതികം മറ്റൊന്ന് നിരൂഢം സാമ്പ്രതികമാണ് ഇതുവരെ ചർച്ച ചെയ്യുന്നത് ഗുണസംബന്ധ പ്രവുച്യമായത്വം ഗുണസംബന്ധം കൊണ്ട് പ്രയോഗിക്കുന്നതാണ് സാമ്പത്തിക ഗുണത്വം ഗുണസംബന്ധമെന്ന് പറയുന്ന എന്താണ് മാണവകളിലും കരൂരത്വമുണ്ട് സിംഹത്തിനും ക്രൂരതയുണ്ട് അപ്പോൾ സിംഹത്തിലിരിക്കുന്ന ക്രൂരതയുടെ സംബന്ധം മാണവനിലുണ്ട് ഗുണസംബന്ധമുള്ളത് കൊണ്ട് മാണവകലിൽ സിംഹശബ്ദം പ്രയോഗിക്കുന്നു ാണ് ഗുണസംബന്ധാത് പ്രയുജ്യമാനത്വം ഗൌണത്വം അങ്ങനെ അപ്പം ആണവരുടെ സിംഹശബ്ദം പ്രയോഗിക്കാം മറ്റൊന്ന് പറയുന്നത് എന്താണ് നിരൂഢം എന്ന് പറയുന്നത് പ്രയോഗപ്രാചുര്യാത് മുഖ്യവത് അവഭാസമാണ് എന്താണ് നിരൂഢ നിരന്തരമായ പ്രയോഗം പ്രയോഗം കൊണ്ട് അത് മുഖ്യം പോലെ തോന്നും അതാണ് നിരൂഢ ഗുണമെന്ന് പറയുന്നു നിരന്തരമായി ഒന്നിട്ട് പ്രയോഗിക്കുന്നുണ്ട് എന്തോന്നും ആ ശബ്ദം കേൾക്കുമ്പോൾ അത് മുഖ്യ അർത്ഥമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ മുഖ്യാർത്ഥമല്ല പക്ഷെ അങ്ങനെ തോന്നും നിരൂഢ ഗുണമെന്ന് പറയും പ്രയോഗ പ്രാചുര്യ മുഖ്യ അവഭാസമാനത്വം സാമ്പ്രദികത്വം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വിടെ എന്തുകൊണ്ട് ഗൗണമല്ല എന്നുള്ളത് വിശദീകരിക്കുന്നു എന്നാത്തൊഹങ്കാരസ്യ മുഖ്യു അർത്ഥ നിർലുഢിത ഗർഭതയ ദേഹാദിഭ്യോ ഭിന്നോ അനുഭൂയതേ ഏനപ്പരശബ്ദ ശരീരാദോ ഗൗണോ ഭവേ അത് ഇതുവരെ പറഞ്ഞതിന് വിശദീകരിക്കുകയാണ് അഹങ്കാരത്തിന്റെ മുഖ്യമായ അർത്ഥം ആത്മാവാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആത്മാവിൽ നിന്നും വേറിട്ട് ദേഹത്തെ അറിയുന്നില്ല ആരും സാധാരണ മനുഷ്യരൊന്നും അറിയുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സ്പഷ്ടമായി ആത്മാവിൽ നിന്ന് ശരീരത്തെ ഒരാൾ വേർതിരിച്ചറിയണമെങ്കിൽ നമുക്ക് പറയാം അഹംശബ്ദം ശരീരത്തിൽ ഗുണമായി പ്രയോഗിച്ചു അവന്റെ മുഖ്യ അർത്ഥം ആത്മാവാണ് പക്ഷെ അങ്ങനെ അറിയുന്നില്ല അതുകൊണ്ട് അഹം എന്ന് പറയുന്ന ഈ ശബ്ദം ശരീരത്തിൽ ഗുണമായി പ്രയോഗിച്ചിരിക്കുന്ന അല്ല അപ്പൊ എന്ന് പറഞ്ഞാൽ അധ്യാസം ഒഴിവാക്കും അധ്യാസത്തെ ഒഴിവാക്കാതാണ് പൂർവക്ഷയുടെ ആവശ്യം അധ്യാസത്തെ സ്ഥാപിക്കുകയാണ് സിദ്ധാന്തിയുടെ അതാണ് ഇവർ തമ്മിലുള്ള ഇപ്പോൾ ബ്രഹ്മസൂത്രം ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതമായിട്ട് ഭാഷകാര ആദ്യം ശ്രമിക്കുന്ന എന്താണ് സമൃദ്ധി ഈ അഹം അനുഭവം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണ് ആത്മാവും അനാത്മാവും തമ്മിൽ സാദാമ്യത്തിന് അനുഭവപ്പെടുന്ന ഒരു ഭ്രാന്തിയാണ് ഇതാണ് സദ്വയത്വത്തിന്റെ അടിസ്ഥാനം ഇതാണ് അതുകൊണ്ടാണ് അതാദ്യം പറയുന്നത് ആത്മാവ് അനാത്മാവും ഇങ്ങനെ ഇതിനെ രണ്ടായി മാറ്റം നിർത്തി ചർച്ച ചെയ്തിട്ട് അഹമെന്ന് പറയുന്ന ബോധം എന്താണ് അത് ഗുണമാണോ അതോ ഭ്രാന്തി ആണോ ഇത് തീരുമാനിക്കുക ഭ്രാന്തി ആണെന്നറിഞ്ഞാലേ മുമ്പോട്ട് പോകാൻ പറ്റും ഈ അഹമനുഭവം ഭ്രാന്തിയാണെന്ന് വന്നാലേ മുമ്പോട്ട് വരുമ്പോൾ ജഗത്തൊരു ഭ്രമമാണെന്ന് അത് വീതിക്ക് സമർത്ഥിക്കാൻ പറ്റും ബ്രഹ്മസത്യം ജഗത് മിഥ്യ അത് സമ്മർദ്ദിക്കണെങ്കിൽ ഇവിടെ നിന്നും തുടങ്ങണം ആത്മാഅനാത്മാക്കളിൽ നിന്നും തുടങ്ങണം അതിനുവേണ്ടിട്ടാണ് ഈ പറയുന്നത് എന്താണ് അഹങ്കാരസ്യ മുഖ്യവാർത്ഥം അഹങ്കാരത്തിന്റെ മുഖ്യാർഥം ആ ഒരു പൂർവക്ഷി പറയുന്നതിനനുസരിച്ച് അഹങ്കാരത്തിന്റെ മുഖ്യാർഥം എന്താണ് അഹങ്കാരത്തിന്റെ മുഖ്യാർഥം എന്ന് വെച്ചാൽ അഹമെന്ന് പറയുന്നത് ശബ്ദത്തിന്റെ മുഖ്യാർഥം എന്ന് മനസ്സിലാകുന്നു അല്ലെങ്കിൽ അഹോ എന്ന് പറയുന്ന അനുഭവത്തിന്റെ മുഖ്യമായ വിഷയം എന്ന് എടുക്കും രണ്ടു തരത്തിൽ പറയാം ഒന്നെന്താണ് എന്താണ് ഞാൻ പറഞ്ഞത് അഹം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അഹങ്കാരമെന്ന് പറഞ്ഞാൽ അഹോന്ന് പറയുന്ന ശബ്ദം അതിന്റെ മുഖ്യമായ അർത്ഥം അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എഴുതണം ഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ മുഖ്യമായ വിഷയം നടന്നു രണ്ടു തരത്തിലും അതിനെ മനസ്സിലാക്കും അതിനാണീ പറഞ്ഞിരിക്കുന്നത് എന്ത് അഹങ്കാരസിന്റെ മുഖ്യോ അർത്ഥം ഗർഭയ ഗർഭോ നിർലൂഢിതെന്ന് വെച്ചാൽ സ്പഷ്ടം നിർലുടിതം ഗർഭം എന്ന് വെച്ചാൽ വിശേഷമായ രൂപം വിശേഷമായ സ്വരൂപം എന്നർത്ഥം അപ്പം നിർലുടിത ഗർഭം ഗർഭോയസ്യം വിശേഷമായ സ്വരൂപം ഏതിൻ്റെ ആത്മാവിന്റെ മുഖ്യാർഥം എന്ന് പറയുന്ന ആത്മാവ് അത് നിർലുടിതഗർഭമായി എന്ന് പറഞ്ഞാൽ വിശേഷരൂപത്തിലാണ് നിർലുടിത ഗർഭയാ വിശേഷമായി സ്പഷ്ടരൂപത്തിൽ എന്ത് വിശേഷമായ സ്പഷ്ടരൂപത്തിൽ എന്താണ് വിശേഷമായി സ്പഷ്ടരൂപത്തിൽ ആത്മാവ് എന്ത് അഹങ്കാരസ്യം മുഖ്യോ അർത്ഥം അതിനെ കുറിച്ച് പറയാണ് അഹങ്കാരത്തിന്റെ മുഖ്യമായ അർത്ഥവും നിങ്ങൾ പറയുന്ന ആത്മാവ് വിശേഷമായി സ്പഷ്ടരൂപത്തിൽ ദേഹാദിഭ്യോ ഭിന്നോ അനുഭൂയതേത്തോടെ കഴിക്കുക ഈ ആത്മാവ് ദേഹാദികളിൽ ഭിന്നമായി അനുഭവപ്പെടുന്നില്ല ഉണ്ടാ അതായത് എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ കുറോക്ഷി എന്ന് പറയുന്ന ആത്മാവ് വിഭുവാണ് എന്നാണ് ആകാശത്തേക്കാളും വിഭുവാണ് എന്നൊക്കെയുണ്ട് വിശുദ്ധമാണ് എന്നെല്ലാം പറയുന്ന ആ രൂപത്തിൽ കുറോക്ഷി പറയുന്ന രൂപത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ആത്മാവിനെ ദേഹാദികളിൽ നിന്നും ഭിന്നമായിട്ടതാ വിഭുവായ ആത്മാവ് സ്പഷ്ടമായി വിശേഷ രൂപത്തിൽ അറിയാൻ പറ്റുന്നു ഞാൻ അനുഭൂയതേ അങ്ങനെ അറിയാമായിരുന്നു എങ്കിൽ ആരെങ്കിലും അങ്ങനെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അങ്ങനെ അറിയാം ആത്മാവ് വിഭുവായ ആത്മാവിനെ ദേഹത്തിൽ നിന്ന് ഭിന്നമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അതാണ് ഏന എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നുവെങ്കിൽ അങ്ങനെയായിരുന്നു എങ്കിൽ ആത്മാവിനെ സ്പഷ്ടമായി വിശേഷരൂപത്തിൽ വിഭുവായി മറ്റും ദേഹത്തിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ പരശബ്ദ ശരീരാദു ഗൂണോഭകേ പരശബ്ദ എന്ന് പറഞ്ഞാൽ പരശബ്ദ പരമായ ആത്മാവ് മുഖ്യ അർത്ഥമായിരിക്കുന്ന അഹംശബ്ദം ആണ് പരശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ആത്മാവിന്റെ ശബ്ദമാണേത് അഹംശബ്ദം പൂറോഷ് പറയുന്ന അനുസരിച്ച് പൂറോഷ് പറയുന്ന അനുസരിച്ച് എന്താണ് പരശബ്ദം എന്ന് പറയുന്നത് ആത്മാവ് മുഖ്യ അർത്ഥമായി വരുന്ന ശബ്ദം അതേതാണ് അങ്ങനെ പരശബ്ദം എന്ന് പറയാൻ എന്താ കാരണം അത് ശരീരത്തിന്റെ ശബ്ദമുണ്ട് ആത്മാവിന്റെ ശബ്ദമാണെ അഹംശബ്ദം പരശുദ്ധം ചാഹശബ്ദം ശരീരത്തിൻ്റെതല്ലാത്ത ആശബ്ദം ആഹം ശബ്ദം ശരീരാദോ ഗൂണോ ഭവേ ശരീരാദികളിൽ അത് ഗുണം ആയേനെ എന്ന് പറയുന്നു ശരീരാദികളിൽ അതെന്തായ ഗുണമായേനെ ആഹം ശബ്ദം അപ്പൊ ശരീരത്തിൽ ശരീരധർമ്മങ്ങളിലെല്ലാം അത് പ്രയോഗിക്കാറുണ്ട് അങ്ങനെ സ്ഥൂലോഹം ആണ് ശരീരാദി എന്ന് പറഞ്ഞു സ്ഥൂതത്വം എന്ന് പറയുന്നത് ശരീരധർമ്മമാണ് അതിനും അഹം പ്രയോഗിക്കാറുണ്ട് അപ്പോ എന്താണ് പറയുന്നത് സ്പഷ്ടമായി ഒരാള് ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആത്മാവിന് മുഖ്യാർത്ഥമായിട്ടുള്ള ആ ശബ്ദം ശരീരത്തിൽ ഗൗണമായി പ്രയോഗിച്ച് പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നർത്ഥം ശരീരത്തിൽ വരുന്ന അഹം ശബ്ദം എന്തല്ലുണമല്ല സിദ്ധാന്തത്തിൽ എന്താണ് അഹം അനുഭവം ഉം എന്താണ് ആത്മാ എന്തോ പറയുന്ന എന്താ കേട്ടോണ്ടിരിക്കോധമില്ലാതെ ഇരിക്കുന്നു ഇത്രയും നേരം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നു സിദ്ധാന്തത്തിൽ അത് അധ്യാസമാണ് സിദ്ധാന്തത്തിൽ അഹംശബ്ദം എന്ന് പറയുന്നത് അത് അധ്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ് അഹംശബ്ദവും അഹാനുഭവവും എല്ലാം കുറുഷാണ് പറയുന്നത് അത് അതിന് രണ്ടാർത്ഥമുണ്ട് മുഖ്യാർത്ഥം എന്താണ് ഗോണാർത്ഥം ശരീരം അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് സാമ്പ്രക രൂഢതയെ നിഷേധിച്ചു സാമ്പ്രകരൂഢ എന്താണ് നേരത്തെ പറഞ്ഞെന്താണ് എന്താണ് പോയാണോ പ്രയുജ്യമാണത്വം ഗുണസംബന്ധം കൊണ്ട് പ്രയോഗിക്കുന്നതാണ് സാമ്പ്രകമാണവ അഗ്നിമാണവ ഇവിടെയൊക്കെ ഇനി നിരൂഢത്തെ കുറിച്ച് പറയുകയാണ് അതെന്താണെന്ന് പറഞ്ഞു എന്താണ് പ്രയോഗ പ്രാചുര്യാത മുഖ്യവർ സൗഭാസമാണ് നിരന്തരം പ്രയോഗിച്ചത് മുഖ്യം പോലെ തോന്നും പക്ഷെ ഗുണമാണ് അതാണ് അടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അത്യന്ത നിരൂഢതയ ഗുണത്വ അഭിമാന സാക്ഷപാതിഷു തൈല ശബ്ദവത് ഇതി വേദിതവ്യം വേറൊരു ഉദാഹരണം പറയാണ് തൈലം തിലേഷുഭവൻ തൈലം തിലം എന്ന് വെച്ചാൽ എള്ളിൽ ഇരിക്കുന്നാണെന്ത് തൈല അതിൽ നിന്നുണ്ടാകുന്ന ഒന്നും പറയാം അതിനാണ് തൈലം എന്ന് പറയുന്നത് തത്ര ഭവെന്നുള്ളത് കാണുന്ന പ്രത്യേകം ഒന്ന് തൈലം വെളുത്തിലെ ശബ്ദത്തിൽ തെളിത്തിൽ നിന്നുണ്ടായതെന്നോ തെളത്തിലുള്ളതെന്നോ ഒക്കെ പറയാം അതാണ് തൈലം അപ്പൊ തൈലം എന്ന് പറഞ്ഞാൽ എന്തിനെ എടുക്കാവൂ ഏ ഇതുവരെ കളഞ്ഞിട്ട് മനസ്സിലായത് എള്ളെണ്ണ വെള്ളപറയുന്നത് വെളിച്ചെണ്ണ പറയാൻ പാടില്ല എള്ള എന്നാൽപം സർഷപ്പം എന്ന് പറയുന്ന കടുക് കടകിൽ നിന്നുണ്ടാകുന്ന സർഷപ്പം കടുകണ്ണ കടുകണ്ണയും സാധാരണ ആൾക്കാർ തൈലം എന്നു പറയും കാരണം ഈ തൈലം എന്നു പറയുന്ന ശബ്ദം എണ്ണ എന്നുള്ള അർത്ഥത്തിൽ എവിടെയെടുത്ത് പ്രയോഗിക്കും അപ്പം അത് എള്ളിൽ നിന്ന് ആട്ടിയെടുത്തതാണോ അതോ കടുകിൽ നിന്ന് ആട്ടിയെടുത്തതാണോ അതോ ആവണക്കയിൽ നിന്ന് ആട്ടിയെടുത്തതാണോ തേങ്ങയിൽ നിന്ന് ആട്ടിയെടുത്തോ അങ്ങനെയും നോക്കാറില്ല പൊതുവെ എല്ലാത്തിനും എന്ത് പറയും ഇതാ അതിൻ്റെ തൈലോണെന്ന് പറയും എല്ലാ തരത്തിലുള്ള എണ്ണയ്ക്കും എണ്ണ എന്ന് പറയും പോലും എണ്ണ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും പറയുന്നതാണല്ലോ പക്ഷെ അതുപോലെ തൈല ഉപയോഗിക്കാൻ പാടില്ല കാരണം തൈലം എന്ന് പറയും ശബ്ദത്തിനർത്ഥമുണ്ട് തിലത്തിൽ നിന്നുണ്ടാകുന്നതാണെൻ്റെ തൈലം പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യുന്നു പ്രയോഗിച്ച് പ്രയോഗിച്ച് പ്രയോഗിച്ച് എല്ലായിടത്തും പ്രയോഗിക്കും പക്ഷെ അങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് എന്താണ് അത് ഗൌണമാണെന്നുള്ള ബോധം ആൾക്കാർക്കില്ല അത് ഗൌണമാണെന്നുള്ള ബോധം ആൾക്കാർക്കില്ലാതെ എങ്ങനെയാണോ എള്ളെണ്ണയിൽ അത് പ്രയോഗിക്കുന്ന അതുപോലെ ആ ശബ്ദം കടുകെണ്ണയിലും പ്രയോഗിക്കും അപ്പൊ ഗൗണമാണെന്നുള്ള ബോധമില്ലാതെ പ്രയോഗിക്കും അതുപോലെ ശരീരത്തിൽ അഹംശബ്ദം പ്രയോഗിക്കുന്നത് അത് ഗൗണമാണെന്നുള്ള ബോധമില്ലാതെ അതിനാണ് നിരൂഢമായി പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൗണമെന്നുള്ള ബോധമൊന്നുമില്ല പക്ഷെ പ്രയോഗം കൊണ്ട് എന്ത് ചെയ്തു അനാദികാലമായി മനുഷ്യൻ പ്രയോഗിച്ച് പ്രയോഗിച്ച് പ്രയോഗിച്ച് എന്ത് ചെയ്തു അഹംസബ്ദം ശരീരത്തിൽ പ്രയോഗിക്കുകയാണ് അത് പ്രയോഗിക്കുന്നതാണ് ഗൗണമെന്നുള്ള ബോധമൊന്നുമില്ല അതുപോലെ പ്രയോഗിക്കുന്നതാണെങ്കിലോ ഗൗണത്വഭിമാനം ഗൗണത്വ ബോധം വേണമെന്നില്ല പക്ഷെ അത് ഗുണമാണ് എന്തുകൊണ്ട് അതിന്റെ മുഖ്യമായ അർത്ഥാത്മാവാണ് പ്രയോഗിക്കുന്നവർക്ക് ബോധം വേണമെന്നൊന്നുമില്ല നേരത്തെ എന്താ പറഞ്ഞത് ഗൗണം എന്നുള്ള ബോധം ഉണ്ടാകണം ഇതിന് അവിടെ ഭേദം ഞാനും സാദൃശ്യം വേണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇവിടെ ഗുണമാണെന്നുള്ള ബോധം കൂടാതെ തന്നെ പ്രയോഗിക്കുന്നു ഗൗണമായിട്ട് പക്ഷേ ശരിക്കും അത് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല തൈലമെന്ന് പറയുന്ന ശബ്ദം എവിടെ പ്രയോഗിക്കാവൂ വെള്ളെണ്ണയിലെ പ്രയോഗിക്കാവും കടകെണ്ണയിൽ പ്രയോഗിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ പ്രയോഗിച്ചു വരുന്നു പ്രയോഗിക്കുന്നു അതുപോലെ എന്താണ് അഹോ എന്ന് പറയുന്ന ശബ്ദം ആത്മാവിലേ പ്രയോഗിക്കാവൂ ശരീരത്തിൽ പ്രയോഗിക്കാൻ പാടില്ല എന്നാലും നിരൂഢമായി നിരന്തരമുള്ള പ്രയോഗത്തിലൂടെ എന്തു ചെയ്യുന്നു അങ്ങനെ പ്രയോഗിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ അത് പരിശോധിച്ചു പോകുമ്പോൾ മനസ്സിലാകും എന്താണ് അവിടെ അത് ഗുണമാണ് അപ്പോൾ പൊറുപക്ഷി പറയുന്നത് അങ്ങനെ ഗുണമായി പ്രയോഗിക്കുന്നതിന് അവിടെ ഭേദജ്ഞാനം വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഭേദജ്ഞാനം ഇല്ലെങ്കിലും എന്ത് ചെയ്യും പ്രയോഗ കൊണ്ട് ചില ശബ്ദങ്ങൾ ഗൗണമായി പ്രയോഗിക്കും അത്യന്ത നിരൂഢതയാണ് നിരൂഢമുണ്ട് ഗോണെ അഭി ഗുണ ശബ്ദങ്ങളിലും എന്നാ ഗോണത്വഭിമാന ഗോണത്വബോധം കാണത്തില്ല അഭിമാനം വെച്ച ബോധം ഗുണ കാണെന്നുള്ള ബോധം വരത്തില്ല അങ്ങനെയുള്ള ഒരു ബോധം വരുന്നതിനാണ് ഭേദംഞാനും സാർശ്യം വേണ്ടത് ഇവിടെ അങ്ങനെയൊരു പക്ഷെ അത് ഗുണമാണ് ഏതുപോലെ സാക്ഷപാതിഷു തൈല ശബ്ദവും സാർഷത്തിലും മറ്റും മറ്റുള്ള എണ്ണകൾ കടുക എണ്ണ പോലെയുള്ള എണ്ണകളിലെല്ലാം തൈല ശബ്ദം പ്രയോഗിക്കുന്നത് പോലെ അങ്ങനെ പ്രയോഗിക്കുകയാണ് അവിടെ ഭേദജ്ഞാനത്തിൻ്റെയൊന്നും ആവശ്യം ഇല്ല എന്ന് പറയുന്നു പറയുന്നു എന്താണ് വിധി ഉറവത്തോടെ അന്വേഷിക്കണം ും മനസിലാക്കുന്നത് അഭിമാനു പറയുന്നു കടുകണ്ണെ കണ്ടിട്ട് ഒരാള് ഇത് തൈലമാണെന്ന് അയാൾക്ക് ബോധമുണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ട് അറിയാം എന്താണ് ഇത് കടുകണ്ണയെല്ലാം കൊടുകണ്ണയെ കണ്ടിട്ടാണ് ഒരാൾ എന്ത് പറയുന്നത് തൈലം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു എള്ളെണ്ണെന്നല്ല അയാൾ പറയുന്നു പിന്നെന്താണ് തൈലം പക്ഷേ തൈലം ഒന്ന് പ്രയോഗിക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്തറിയാം ഇത് എള്ളെണ്ണയല്ലെന്നും അറിയാം പറയുന്നു അവിടെയും ഭേദജ്ഞാനം ഉണ്ട് ഉണ്ടായാലേ നമ്മുടെ ശബ്ദം പ്രയോഗിക്കാൻ പറ്റൂ അല്ലാതെ തൈലം എന്ന് പറയുന്നത് കൊണ്ട് അത് എള്ളെണ്ണയാണെന്ന് അയാൾ പറയുന്ന കൊടുകണ്ണയാൾ എന്തായിട്ട് എന്നെ അറിയുന്നു കടുകണ്ണയായിട്ട് തന്നെ അറിയും എള്ളെണ്ണ എന്തായിട്ട് അറിയുന്നു എള്ളെണ്ണയായിട്ട് അപ്പം ഭേദജ്ഞാനവും അപ്പൊ വീണ്ടും സിദ്ധാന്തി പറയുന്നത് എന്താണോ നിരൂഢമായി ഒരിടത്ത് പ്രയോഗിച്ചാലും ശരി ഭേദജ്ഞാനം ഉള്ളിടത്തേ എന്ത് വരവും ദോണത്വം വരത്തുള്ളു അതുകൊണ്ട് കടുകണ്ണയിൽ തൈലമെന്നുള്ള ശബ്ദം പ്രയോഗിച്ചാൽ അത് ധോണപ്രയോഗം തന്നെയാണ് കാരണം എന്തുകൊണ്ട് അയാൾ അറിയുന്നു ഇത് എള്ളെണ്ണയല്ല കടുകണ്ണയാണ് അപ്പൊ ഭേദം ഞാനുള്ള എന്ത് പ്രയോഗിക്കാൻ പറ്റൂണ ശബ്ദം ഒരു ശബ്ദത്തെ പ്രയോഗിക്കാൻ പറ്റും അപ്പോ തൈല ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം എന്താണ് എണ്ണയും ഘണമായ അർത്ഥം ഏതുമാകുമ്പെളിച്ചെണ്ണയോ അതുകൊണ്ടാണ് ആയുർ ആയുർവേദത്തിൽ തൈലം എന്ന് പറഞ്ഞാൽ എന്തു പറയും രണ്ടെണ്ണെന്ന് പ്രത്യേകം പറയും വെളിച്ചെണ്ണയാണെങ്കിൽ എന്തു പറയും അങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്നതുകൊണ്ടാണ് ആയുർവേദം വ്യാകരണവർക്കും തത്രാവി തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കടുകണ്ണയും തൈലം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്ന അവിടെ സ്നേഹാത് തിലഭവാത് തിലഭവാസ്നേഹ തിലഭവം തിലത്തിൽ നിന്നുണ്ടായ സ്നേഹം തിലഭവം എന്ന് വെച്ചാൽ തിലത്തിൽ നിന്നും ഉണ്ടായെന്ന് വെച്ചാൽ തിലേഷുഭവം ആണ് തൈലം അതുകൊണ്ടാണ് തിലഭവ സ്നേഹ എണ്ണയിൽ നിന്നും ഭേദേവ കടുകണ്ണയിലുള്ള ഭേദം അയാൾക്ക് സിദ്ധം എന്ന് വെച്ചാൽ അറിഞ്ഞതാണ് ആരത് പ്രയോഗിക്കുന്നതാണ് ഭേദം അയാൾക്ക് സിദ്ധമായെന്ന് പറഞ്ഞാൽ എന്താണ് കടുവണ്ണയിൽ നിന്ന് കടുകണ്ണയ്ക്കുള്ള ഭേദം അയാൾക്കറിയാം അതുകൊണ്ടാണ് സാക്ഷപാതീനാം തൈലശബ്ദ വചിത്വം അതുകൊണ്ടാണ് അയാള് തൈലം എന്ന് എന്തിനാ പറയുന്നത് കടുകണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ തൈലം എന്ന് പറയുന്ന അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് അറിയാതെ പറയുന്നത് തൈലശബ്ദ വാചിത്വ അഭിമാനം എന്ന് വെച്ചാൽ തൈലശബ്ദ ഇത് തൈലമാണെന്നുള്ള ജ്ഞാനം അറിഞ്ഞുകൊണ്ട് പ്രയോഗിക്കുന്നതാണ് അറിയാതെ പ്രയോഗിക്കുന്നതാണ് എന്തറിഞ്ഞുകൊണ്ട് രണ്ടെണ്ണയും രണ്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ തൈലം വന്ന് പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വെളിച്ചെണ്ണയ്ക്ക് തൈലമെന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല എള്ളണയ്ക്ക് അങ്ങനെ പറയാവൂ എന്നില്ല തൈല ശബ്ദം ഏതെണ്ണക്കും പ്രയോഗിക്കാം എന്തുകൊണ്ട് അത് നിരൂഢ ഗുണമാണ് തെറ്റൽ തൈലമെന്നുള്ളത് ചെല്ലെണ്ണക്ക് മാത്രമേ പ്രയോഗിക്കാവൂ മറ്റെടുത്ത് പ്രയോഗിച്ചാൽ തെറ്റെന്ന് പറയും ചിലർ തെറ്റല്ല എന്തുകൊണ്ട് അത് പ്രയോഗപ്രാചര്യം കൊണ്ട് അങ്ങനെ പ്രയോഗിച്ച് വരുന്നതാണ് അതിൽ തെറ്റില്ല അങ്ങനെ വരുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണത് ലോണപ്രയോഗമാണ് എന്ന് മനസ്സിലാക്കും ആ തൈലം പക്ഷെ അത് വെളിച്ചെണ്ണയിൽ ഒരാൾ പ്രയോഗിച്ചാൽ അത് തെറ്റല്ല എന്നതുകൊണ്ട് എന്ന എന്നുള്ള വേരിൽ പ്രയോഗ പ്രാജി കൂടി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ ഭാഷയെ സംബന്ധിച്ച ഒരു വലിയ കാര്യം മനസ്സിലാക്കേണ്ടി ഇവിടെ പല ഭാഷയിലും ഇന്നെ പ്രയോചിച്ച് വരുന്ന ശബ്ദം എന്താണ് ഇന്നത്തെ ഈ മലയാളം ഒരു विद्वാൻമാരൊക്കെ അത് തെറ്റാണെന്ന് ഓർക്കുന്നു അത് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല തെറ്റാണ് അത് തെറ്റല്ല എന്തുകൊണ്ട് തെറ്റല്ല കാരണം കുറെ കാലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് മനസിലായ അങ്ങനെ പ്രയോഗിക്കാമോ ഇങ്ങനെ പ്രയോഗിക്കാമോ വ്യാകരണമനുസരിച്ച് തെറ്റല്ലേ എന്ന് ചോദിച്ചു നിരന്തരം ആൾക്കാർ ആ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ഗോണപ്രയോഗമാണ് അത് ശരിയാണ് അത് യാതൊരു ഇല്ല അങ്ങനെ മലയാളത്തിലൊക്കെ ഒരുപാട് ശബ്ദങ്ങൾ ഇതാണ് ആ അതൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാണ് അതിനൊന്നും ഒരു തെറ്റില്ല തെറ്റെന്ന് പറയുന്നത് ഭാഷയുടെ ഈ നിയമങ്ങൾ കൃത്യമായി അറിയാത്തവർ അവർക്കാണ് തെറ്റ് കുരികെ പന്മന രാമേന്ദ്രൻ പുള്ളി പന്മനയിൽ തോന്നുന്നു അപ്പോൾ പുള്ളിയുടെ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പുള്ളിയുടെ പല ശബ്ദങ്ങൾ പുള്ളി അത് തെറ്റാണ് തെറ്റില്ലാത്ത മലയാളം വേണ്ടിയാണ് ഞാൻ മനസ്സിലാവും തെറ്റല്ല അതൊക്കെ ശരിയാണ് എന്തുകൊണ്ട് നിരന്തരമായി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് ശരി ഏ അപ്പം ചോദിച്ച പുള്ളി ചോദിച്ചു പിന്നെ ഭാഷയ്ക്ക് എവിടെ ശുദ്ധി വരും ഭാഷയ്ക്കൊരു ശുദ്ധി വേണ്ടത് അല്ലേ നമ്മളെ ഭാഷയ്ക്ക് നമ്മളീ പറയുന്നത് പോലെയുള്ള ഒരു ശുദ്ധിവാദമൊന്നും ഭാഷയ്ക്കില്ല നിങ്ങൾക്ക് ഭാഷ ഒരാള് നിങ്ങളോട് സംസാരിക്കുമെന്ന് കാശയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെ എൻ്റെ ശുദ്ധി അതിനപ്പുറം ഭാഷയ്ക്കൊരു ശുദ്ധിയുടെ ആവശ്യം ഇല്ല എന്നാലും ഭാഷയ്ക്കൊരു സൗന്ദര്യം അത് ഇതൊക്കെ ഞാൻ അതൊക്കെ വേണം പക്ഷേ ഭാഷയ്ക്ക് തെറ്റിശ്ശരിയങ്ങനെ നിങ്ങൾ വേർതിരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാണ് ഏ അതെ അങ്ങനെ തിരുത്തുന്നത് എന്താണ് ശുദ്ധിവാദമെന്ന് പറയും ആ ശുദ്ധിവാദം എന്ന് പറയുന്നത് പിന്നെ ഈ പണ്ട് മനുഷ്യരിൽ ശുദ്ധി അശുദ്ധിയുണ്ടെന്ന് പറഞ്ഞതുപോലെയല്ല അതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം ചില മനുഷ്യരൊക്കെ ശുദ്ധരാണ് ചില മനുഷ്യരൊക്കെ അശുദ്ധരാണെന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നു ആ ശുദ്ധിവാദമാണ് വന്ന് വന്ന് ഭാഷയിലും കൊണ്ടുവരുന്നത് ഭാഷയിലാവശ്യമില്ല നിങ്ങൾക്ക് ഭാഷയെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേൾക്കുമ്പോ അർത്ഥം മനസ്സിലാക്കണം പിന്നെ പറയാനും കേൾക്കാനും സുഖമുള്ളായിരുന്നു ഏ ആ അനന്ത തോനെ ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയാണ് തോനെ എന്തേലും ഞങ്ങളുടെ ഭാഷയാ അനന്ത തെറ്റ് ഏ ഏ തിരുവനന്തപുരത്തൊക്കെ ഉപയോഗിക്കാം സിറ്റിയിൽ നിന്നൊക്കെ കുറെ സിറ്റിയിൽ നിന്നൊക്കെ കുറേ അതൊക്കെ മാറി വരുന്നു സിറ്റിക്കറി അച്ചട ഭാഷയൊക്കെ കുറേ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇന്നും അത് തന്നെ ഉപയോഗിക്കുന്ന ഇന്നും സുരാജ് വെഞ്ഞാനംകൂടിന്റെ ഭാഷയ്ക്ക് അതുകൊണ്ട് അത് ഈ ഭാഷ വ്യാകരണം വെച്ച് തെറ്റെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമാണ് ഇപ്പൊ പ്രയോഗ പ്രാചുര്യമാണ് ഇവിടെയൊക്കെ പറയും അതൊക്കെ ഇവിടെ അങ്ങനെയാണെങ്കി മലപ്പുറത്ത് പോയിട്ട് അവരുടെ ഭാഷ തെറ്റെന്ന് പറയേണ്ടി വരും അവരെന്തൊക്കെയാ പറയുന്നത് മലപ്പുറത്തുകാർ ഇതെല്ലാം അതൊക്കെ ഈ ഭാഷയിൽ അങ്ങനെ തെറ്റും ശരിയും പറയുന്നത് തന്നെ തെറ്റാണത് തെറ്റും ശരിയും അപ്പൊ പിന്നെ ഇവര് പിന്നെ എന്താണ് പിന്നെ സംസ്കൃതത്തിൽ കയറി പിടിച്ചു പുള്ളി അന്ന് സംസ്കൃതത്തിലേക്ക് പിടിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായ പുള്ളിക്ക് സംസ്കൃതത്തിന് വലിയ പിടിപാടൊന്നും ഇല്ല പിന്നെ അങ്ങനെ അമൃത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഞങ്ങൾക്ക് സംസാരിക്കാൻ എളുപ്പമുണ്ടോ ആൾക്കാർക്ക് ആശയം മനസ്സിലാവും അതാണ് ഭാഷ പിന്നെ വേറെന്ന് പറയുന്ന അച്ചടി ഭാഷയും എന്ത് എഴുത്തു ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അതെന്താ നിങ്ങള് എന്താണ് മലപ്പുറം ഭാഷയിലൊക്കെ എഴുതി എത്രയും നോവലുകളുണ്ട് അല്ലേ തൃശ്ശൂർ ഭാഷയിൽ കഴുകിയ അച്ചടി ഭാഷയല്ലേ അതിൽ അച്ചടിച്ച് എന്താ കുഴപ്പം അച്ചടി മെഷീൻ പിണങ്ങൂ ഏ അച്ചടി മെഷീൻ പിണങ്ങാത്തൊന്നുമില്ല ഏ അതിപ്പിന്ദി പറഞ്ഞാൽ മനസ്സിലാവൂ കന്നഡ പറഞ്ഞാൽ മനസ്സിലാവൂ അതെല്ലാ ഇടത്തും ഉണ്ടല്ലോ ഏത് ഭാഷയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഹിന്ദിത്തെ അത്രയും ബോംബെയിലെ ഹിന്ദി കാശി ചെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ബോംബെയിലെ ഹിന്ദി പേരാണ് കാശിയിലെ ഹിന്ദി പേരെയാണ് മനസ്സിലാകാൻ പറയാം കുറച്ചുകൂടി അങ്ങ് ബീഹാറിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല രാജസ്ഥാനിൽ ചെന്നാൽ അവിടുത്തെ ഹിന്ദി നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് അങ്ങനെയുണ്ട് പഴയകാലത്ത് എന്താണ് അച്ചടി ഭാഷ പിന്നെ പറയുന്ന പത്രഭാഷ അങ്ങനെ നിങ്ങൾ കൃത്യമായി പരിശോധിക്കണമെങ്കിൽ പത്രഭാഷയിൽ ഒരുപാട് തെറ്റുകൾ വരും നിങ്ങൾ എത്രയൊക്കെ ശരിയാക്കാൻ ശ്രീ വിചാരിച്ച് അതിനകത്ത് എന്ത് വരും പിന്നെ ഒരു കാര്യം നിർബന്ധമാണെന്താണോ ഭാഷ കേട്ടാ മനസ്സിലാവണം പിന്നെ തിരുവനന്തപുരം ഭാഷ തന്നെയുണ്ട് ഇനം ഇനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഷയാണ് ജാതിക്ക് വേറെ ഇനം എന്ന് പറയുന്നത് ഏത് ഇനം റെയില് ഒരു ഭാഷ ഉം മലയാളത്തിലൊന്നു ട്രെയിനെന്നല്ല അപ്പൊ റെയിൽ എന്നാരെങ്കിലും പറയും അങ്ങനെ ഇത്രയോ ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ കാരണം കുഞ്ചൻ തമ്പിയാർ പൂഷകൻ എന്ന് ആൾക്കാർ വിചാരിച്ചു പൂഷകൻ ോ മനസ്സിലായോ അത് മതി കേശവദേവ് തെയ്യുക നാടൻ നാടൻ ഭാഷയാണ് അന്ന് സർവ്വസാധാരണ ഉപയോഗിച്ചിരുന്ന ഭാഷ സംസാരിച്ചിരുന്നത് ആ ഭാഷയിലും ആയിരുന്നില്ല ഗുരുവൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ ഇന്ന് പിള്ളേരെ കേട്ടുകഴിഞ്ഞാൽ ചിരിക്കും അച്ചടി ഭാഷയിലൊന്നും അല്ല സംസാരിച്ചിരുന്ന ആൾക്കാരൊന്നും എഴുതി ഗുരു അന്ന് സംസാരിച്ചിരുന്ന ശരിക്കും നാടൻ ഭാഷയിലാണ് അതിന് അച്ചടി ഭാഷയൊന്നും ഇല്ലായിരുന്നു പിന്നെ ആൾക്കാർ എഴുതിയപ്പോൾ അതിന് ഭയങ്കര സംസ്കൃതീകരിച്ച് എന്താണ് ഉരുട്ടിയ ഭാഷയിലൊക്കെ ആക്കി മാറ്റിയാണ് വെറും ഒരു നാടൻ മനുഷ്യനെ പോലെ സംസാരിച്ചത് അല്ലാതെ കാരണമെന്നും കൊണ്ട് അന്ന് അങ്ങനെ സംസാരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ജനങ്ങളോട് സംസാരിക്കും അവരെ ഭാഷ സംസാരിക്കണം അല്ലാതെ എന്താണ് കൃത്രിമ ഭാഷയിലല്ല അന്ന് സംസാരിച്ചിരുന്നു ഇന്ന് എഴുതും പോലെ ഒന്നും അല്ല അന്ന് സംസാരിച്ചത് എന്തേ എന്നൊക്കെ തന്നെയാണ് സംസാരിച്ചിരുന്നു കാരണം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായ ഭാഷയിലേ സംസാരിക്കാൻ പറ്റും ഒന്നാതായിരുന്നു ഭാഷ പ്രത്യേകിച്ചും ചെമ്മഴിന്തിയിലൊക്കെ ഉള്ള ഭാഷ അതായിരുന്നു എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു എമ്പഴുതി മാത്രമുണ്ട് എല്ലാവരും ഒന്നിനേക്കാൻ വിചാരിച്ചു അതുകൊണ്ട് എന്താണ് ഈ തെറ്റായ ഭാഷ എന്നൊക്കെ പറയുന്നത് നമുക്ക് എവിടെ പറയാൻ പാടുള്ളൂ നമുക്കൊരാൾ പറയുന്ന കേട്ടാൽ മനസ്സിലായെന്നെങ്കിലേ പറയാൻ പറ്റും ആ തെറ്റാണെന്ന് പറയാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് മനസ്സിലാകുക അത്രേ ഉള്ളൂ ആശയം മനസ്സിലാക്കുക എന്നുള്ളൂ ഭാഷയിൽ ഈശുദ്ധിവാദത്തിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഷ വളരത്തില്ല നമ്മൾ കുറച്ചുകൂടെ പ്രദേശത്ത് ഗ്രാമങ്ങളിൽ ചെന്ന് സംസാരിക്കുക അവരെന്ത് ഭാഷയാണ് സംസാരിക്കുന്നു അതുകൊണ്ടെന്താണ് ഇവിടെ പറയുന്നത് തൈലം എന്ന് പറയുന്നത് തെറ്റല്ലെന്നാണ് പറയുന്നത് ആ ഓണമാണ് സംസ്കൃതത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ പ്രയോഗം ശരിയാണ് പക്ഷെ അതിനകത്ത് ഓണപ്രയോഗമായിട്ട് തിലഭവാത് ഭേദവ സ്നേഹ ശബ്ദം അതെന്താണ് തിലഭവമാണ് എല്ലാവുന്നതാണ് അതിൽ ഭേദേവ അത് സാർഷവമായിട്ടുള്ള ഭേദം അറിഞ്ഞുകൊണ്ട് തന്നെ സാക്ഷവാധീനം തൈല ശബ്ദവാദിത്തും സാക്ഷവം പോലെയുള്ള ശബ്ദങ്ങൾ പോലെയുള്ള എണ്ണ കടുകണ്ണ പോലെയുള്ളത് തൈല ശബ്ദവാച്യത്വം അതൊക്കെ തൈല ശബ്ദത്തിന്റെ വാച്യമാണ് ഗൗണമായ അർത്ഥം ഒന്നേ ഉള്ളൂ വാച്യത്വ അഭിമാനം വാച്യത്വബോധം എന്നർത്ഥം മുഖ്യമായ അർത്ഥമല്ല അതുകൊണ്ടാണ് ബോധം അഭിമാനം എന്ന് പറയുന്നത് അത് വാച്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ അത് പ്രയോഗിക്കുന്നത് നതു അർത്ഥയോഹോ തൈലസാക്ഷഭയോർ ഭേദ അധ്യവസായ പക്ഷെ പ്രയോഗിക്കുന്നവർക്ക് തൈലവും എള്ളെണ്ണയും കടുകണ്ണയും തമ്മിലുള്ള അഭേദം അവര് അറിയുന്നില്ല ഭേദത്വം നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് അത് അർത്ഥയോഹോ തൈലസാക്ഷരതയോഹോ എല്ലണ്ണയും പടുകണയും തമ്മിലുള്ള അഭേദാധ്യവസായം അഭേദ നിശ്ചയം അവർക്ക് ഇല്ല എന്ന സിദ്ധം ഗൌണത്വം ഉഭയദർശനോ ഗൌണമുഖ്യ വിവേകജ്ഞാനേന വ്യാപ്തം ഇവിടുത്തെ വ്യാപ്തി പറയുക എന്ന് പറഞ്ഞ വ്യാപ്യം എന്താണ് തർക്കം മുഴുവൻ പിടിച്ചവർക്കും അറിയത്തില്ല ധൂമം വ്യാപ്യവും മന്യവ്യാപകവുമാണ് വ്യാപകമില്ലെങ്കിൽ വ്യാപ്യമില്ല വ്യാപകമില്ലെങ്കിൽ വ്യാപ്യമില്ല ഇതാ വന്യ ഇല്ലെങ്കിൽ ധൂമമില്ല ധൂമം വ്യാപ്യവും വന്യ വ്യാപകവുമാണ് വന്നിയില്ലെങ്കിൽ അതുപോലെ എന്താണ് വേദജ്ഞാനം വ്യാപകവും ഓണത്വം വ്യാപ്യവുമാണ് ഭേദജ്ഞാനം ഇല്ലെങ്കിൽ ഓണത്വമുണ്ട് വ്യാപകം വേദജ്ഞാനം ഉള്ളിടത്ത് എന്തുള്ളത് ഗുണത്വമുള്ളൂ വേദജ്ഞാനം ഇല്ലെങ്കിൽ ഗുണത്വമുണ്ട് ഭേദംഞാനുണ്ട് അവടെ ഗണത്വർമാണവ എന്ന് പറയുന്നത് ഭേദജ്ഞാനുണ്ട് അഗ്നി വരെയാണ് മാണവൻ വരെയാണ് അപ്പോൾ മാണവ തന്നെ അഗ്നി എന്ന് പറയാം അഗ്നി ശബ്ദത്തിന്റെ അർത്ഥമാവും മാണവം ഭേദജ്ഞാനം ഉണ്ട് അവർ ഗണത്വമുണ്ട് ഭേദജ്ഞാനം ഇല്ലെങ്കിൽ ഗുണത്വില്ല ഉദാഹരണം ഇവിടെ തന്നെ ആത്മാവും ശരീരവും ഭേദജ്ഞാനം ഒരു മനുഷ്യനില്ല അതുകൊണ്ട് തന്നെ എന്താണ് അഹം ഞാനെന്നൂ ശബ്ദം ശരീരത്തിൽ ഗുണമല്ല പിന്നെ എന്താണ് ഈ അഹം എന്ന് പറയുന്ന ഈ അനുഭവം എന്താണ് ഭ്രാന്തിയാണ് ആ ഭ്രാന്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഹം ശബ്ദം ഉപയോഗിക്കുന്നത് ഞാനെന്നൂറിയ ശബ്ദം പറയുന്നത് തസ്മത് സിദ്ധം എന്നതാണ് അതുകൊണ്ട് സിദ്ധമായ എന്ത് സിദ്ധമായി ഗൌണത്വം ഉഭയദർശിനോ ഗൌണമുഖ്യ വിവേകജ്ഞാനേന വ്യാപ്തം ഗൌണത്വം എന്ന് പറയുന്നത് വ്യാപ്തമാണ് ധൂമം വ്യാപ്തമാണ് എന്ന് പറയുന്നത് ഗൗണത്വം വ്യാപ്തമാണ് അങ്ങനെ വിവേകജ്ഞാനത്തിൻ്റെ വ്യാപ്തമാണ് ഗൗണത്വം വിവേകജ്ഞാനം വ്യാപകം അതാണ് ഉഭയദർശിന രണ്ടിനെയും കാണുന്നവർ ഏതിന ഗൌണത്തെയും മുഖ്യത്തെയും സിംഹത്തെയും മാണവകനെയും കാണുന്നവരാണ് ഉഭയദർശിൻ അവരുടെ വിവേകജ്ഞാനം അവരെ തിരിച്ചറിയണം മുഖ്യമായിരിക്കുന്ന സിംഹമാണ് മാണവകൽ ഗൌണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ എന്താണ് മാണവകനില് സിംഹ ശബ്ദം ഗൗണമായി മാണവനെ സിംഹമെന്ന് വിളിക്കാം വേദഞ്ജാനും വേണം എന്ന് പറയുന്നത് ഇവിടെ മാണവകലിൽ സിംഗശബ്ദം പ്രയോഗിക്കുമ്പോൾ ആ ശബ്ദത്തിൽ വരുന്ന ഗോണത്വം ഉഭയദർശിന രണ്ടിനെയും ഗോണത്തെയും മുഖ്യത്തെയും കാണുന്നവർ അവരുടെ ഗൌണമുഖ്യ വിവേകജ്ഞാനാ വ്യാപ്തം ഗൌണമുഖ്യ വിവേകജ്ഞാനം ഗൗണ മുഖ്യത്തിന്റെ വിവേകജ്ഞാനം കൊണ്ട് എന്താണ് വ്യാപ്തമാണോ എന്ന് വെച്ചാൽ വിവേകജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ എന്തോരും ഗൗണത്വം ഉണ്ടാകും അത് ധൂമം വന്യം വ്യാപ്തമാണെന്നുള്ള ഓർത്തുവച്ചാൽ അപ്പോൾ വ്യാപകം എന്താണ് വ്യാപ്തി എന്താണെന്ന് മനസ്സിലാവും ധൂമം മന്യം വ്യാപ്തമായതുകൊണ്ട് മന്യമുണ്ടെങ്കിലേ ധൂമു അപ്പൊ ഗൂണത്വം ഭേദജ്ഞാനം കൊണ്ട് വ്യാപ്തമാണ് എന്ന് പറഞ്ഞാൽ എവിടെ ഭേദജ്ഞാനം ഉണ്ടോ അവിടെ ഗൂണത്വമാണ് സിംഹവും ബ്രഹ്മചാരി മാണവനും വേറെയാണെന്നറിയുന്നിടത്താണ് ഗുണപ്രയോഗം എന്ന് ചോദിച്ചാൽ അപ്പം മാത്രമേ മാണവന സിംഹം ഒന്നും വിളിക്കാറുള്ളൂ വ്യാപകം വിവേകജ്ഞാനം നിവർത്തമാനം ഗൌണതാമഭി നിവർത്തയ രീതി അപ്പൊ വിവേകജ്ഞാനം ഇല്ലെങ്കിൽ ഗൌണത്വമുണ്ട് അതാണ് ഈ പറയുന്നത് തസ്മാതിക വ്യാപകം വിവേകജ്ഞാനം വിവേകജ്ഞാനമാണ് എന്തത് വ്യാപകം എന്നുവെച്ചാൽ അഗ്നിയുടെ സ്ഥാനം നിവർത്തമാനം അത് ഇല്ലാതാകുകയാണെങ്കിൽ ഗൌണതാമഭി നിവർത്തയഴിതി ഗൌണതയും ഇല്ലാതാവും വ്യാപകമായിരിക്കുന്ന എന്താണ് വിവേകജ്ഞാനം എന്ത് വിവേകജ്ഞാനം സിംഹം പേരെ മാണവന്മേരെ എന്നുള്ള ആ ജ്ഞാനം അതാണ് വിവേക ഞാനം അത് നിവർത്തമാനോ അതില്ലാതായിക്കഴിഞ്ഞാൽ എന്തുവരുന്നു ഗൗണത്വം ഇല്ലാതാവും എന്ന് വെച്ചാൽ പിന്നെ ആ ശബ്ദത്തിൽ ഗൗണത്വം ഇല്ല അപ്പം ഇല്ലാത്തതിനുദാഹരണം എന്താണ് ആത്മാവും ശരീരവും ആത്മാവും ശരീരവും തമ്മിലുള്ള വിവേകജ്ഞാനം അതാണ് വ്യാപകം ആത്മാവ് പേര് ശരീരം പേരെ എന്നുള്ള മഞ്ഞാണ് അതില്ലാത്തതുകൊണ്ട് എന്താണ് അഹമെന്ന് പറയുന്ന ശബ്ദം ശരീരത്തിൽ ഗുണമായി പ്രയോഗിക്കാൻ പറ്റില്ല അഹം എന്ന് പറയുന്ന ശബ്ദം ശരീരത്തിൽ ഗുണമായി പ്രയോഗിച്ചോട്ടെ എന്താ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഗുണമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അഹം എന്ന് പറയുന്നത് അനുഭവം ഭ്രമമാണെന്ന് ശ്രദ്ധിക്കും ഭ്രമമാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്വൈതമേ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് അദ്വൈതത്തിൽ എന്ത് പറയണം ഈ അഹം എന്ന് പറയുന്ന അനുഭവം ഒരു ഭ്രമമാണ് എന്ത് സത്യം അങ്ങനെ അതിനെ തുറന്നുള്ള ചർച്ചയുടെ അവസാനം പ്രപഞ്ചം മിഥിയാണ് അവിടെ തത്തിക്കുന്നു അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ അനുഭവം മുതലുള്ള അവിടെ പിടിക്കുന്ന കാര്യം എന്താണ് ഞാനെന്ന് പറയുന്ന അനുഭവം ഒരു ഭ്രമമാണ് ഇതാണ് വ്യത്യാസം